എന്തുകൊണ്ട് ആത്മാവി വേറെയാണ് അറിയാം അറിഞ്ഞാൽ പിന്നെ ജിജ്ഞാസയുടെ ആവശ്യമില്ല അപ്പൊ അവിടെ പറയുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് എന്താണ് ബാല്യ ശരീരം യൗവന ശരീരം വാർദ്ധക്യ ശരീരം ഈ ശരീരങ്ങളെല്ലാം വേറെ വേറെയാണോ എന്നാലും അഹം എന്നുള്ള ബോധമുണ്ട് അപ്പോ വേറെയാണ് അഹം അതിൻ്റെ ആശ്രയമാണ് മാവുന്നു ഇനി പറയുന്നതിന് ഒരു കുഴപ്പമുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് വേണമെന്ന് ഈ ശരീരത്തിന് മാറ്റം വരുന്നേ ഉള്ളൂ അല്ലാതെ ശരീരം വേറെയാകുന്നു ശരീരമാകുന്ന ധർമ്മിയിൽ പരിണാമം സംഭവിക്കുക അല്ലാതെ മൂന്ന് ശരീരമാകുന്നു അതുകൊണ്ട് ശരീരത്തിന് ഏകത്വമുണ്ട് അപ്പൊ അഹം എന്ന് പറയുന്ന ഈ ബോധം ശരീരത്തിൻ്റേതുമാകാമെന്നൊരു പുറോക്ഷം വരാം അതുകൊണ്ട് ആ ഉദാഹരണം മാറ്റിയിട്ടടുത്ത് പറയുകയാണ് എന്താണ് അഭിചനാന്തേ ദിവ്യം ശരീരഭേദമാസ്ഥായ തതുചിതാൻ ഭോഗാൻ ഭുഞ്ചാൻ ഇവ പ്രതിബുദ്ധോ മനുഷ്യശരീരം ആത്മാനം പശ്യൻ അഹം ദേവോ മനുഷ്യേവേദി ദൈവശരീരെ ബാധ്യമാനേപി അഹമാസ്പദം അപാദ്യമാനം ശരീരാഭിന്നം പ്രതിബദ്ധ്യത അപ്പോൾ മറ്റേ ജാഗ്രതത്തിൽ ആ ദൃഷ്ടാന്ത അതും കിട്ടും വേണമെങ്കിൽ പറയാം ശരീരം മൂന്നല്ല ശരീരം ഒന്നുണ്ട് ശരീരത്തിൽ മാറ്റമേ വന്നുള്ളൂ അപ്പൊ ശരീരത്തിലേകത്വമുണ്ട് അഹം എന്നുള്ളത് കൊണ്ട് ഏകത്വത്തെയാണ് അറിയുന്നത് അപ്പൊ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവ് ഇല്ല അങ്ങനെ ശരീരത്തിൽ താധാന്യപ്പെട്ട ആത്മാവിന്റെ അഹാനുഭവമാണ് ഇങ്ങനെയെല്ലാം പറയും കൊണ്ട് പറയുന്നു അങ്ങനെയല്ല സ്വപ്നത്തിൽ സ്വപ്ന സ്വപ്നത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നു ദേവശരീരത്താണ് അയൊക്കെ കിട്ടിയത് ദിവ്യമായ ശരീരമൊക്കെ കിട്ടി എന്നിട്ട് അവിടെ എല്ലാം അനുഭവിച്ചു പിന്നെ എന്ത് ചെയ്യുന്നു ഉണർന്നു തിരിച്ചറിഞ്ഞ് ഞാൻ മനുഷ്യൻ തിരിച്ചറിയുമ്പോ അയാൾ എന്താ പറയുന്നത് സ്വപ്നത്തിൽ ദേവനായിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പോ മനുഷ്യനായിരിക്കുന്നത് എന്ന് പറയും അവിടെ സ്വപ്നത്തിലെ ശരീരം വേറെ ഇപ്പോഴത്തെ ശരീരം വേറെ പക്ഷെ ഞാൻ മാറ്റമുണ്ടോ ഇല്ല അപ്പോ ശരീരത്തിൽ നിന്നും വേറിട്ട് അഹംബോധമുണ്ട് അതിൻ്റെ അസ്ഫുദമായ ആത്മാവ് വേറെയാണ് മറ്റടുത്ത് ഒരു ശരീരത്തിൽ ഭേദം വന്നെന്ന് പറയും ഇവിടെ അങ്ങനെയല്ല സ്വപ്നത്തിന് ഞാൻ ദേവനായിരുന്നു ഇപ്പം മനുഷ്യനാണ് സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത്തിൽ വന്നപ്പോഴയാ എന്ത് ബോധമുണ്ട് അഹംബോധം പക്ഷെ ശരീരം മാറി മാറിയതുകൊണ്ട് എന്താണ് ശരീരത്തിൽ നിന്നും ഭിന്നമാണ് ആത്മാവ് സ്വപ്നത്തിലെ ശരീരം എപ്പോഴും ഉണ്ടോ ഇല്ല സ്വപ്നത്തിലെ അഹംബോധം എപ്പോഴും ഉണ്ടോ പറയുന്നു ഞാൻ സ്വപ്നത്തിൽ ദേവനായിരുന്നു ഇപ്പോ ഞാൻ മനുഷ്യനാണ് അപ്പോ എന്ത് വരുന്നു ശരീരം മാറുന്നു ശരീരം മാറുമ്പോഴും ആരുണ്ട് ഞാൻ അപ്പൊ അതിൻ്റെ ആശ്രയമാണ് ആത്മാവ് ക്ലിയറാണ് അതാണ് പറയുന്നത് അഭിച്ച കൂടാതെ സ്വപ്നാന്തേ സ്വപ്നാന്തം എന്ന് രണ്ടർത്ഥം പറയാം ഒന്ന് സ്വപ്ന അങ്ങനെ എടുക്കാം സ്വപ്ന മധ്യത്തിൽ സ്വപ്നാന്തത്തിന് സ്വപ്ന മധ്യം നിർത്തണം ഭാഷയത്തിൽ മറ്റങ്ങളുണ്ട് അപ്പൊ ഇവിടെ സ്വപ്ന മധ്യവും നടക്കാം സ്വപ്നത്തിൽ ശരീരഭേദമാസ്ഥായ ദിവ്യമായ ദേവശരീരം മറ്റും ദേവലോകത്തിനും മറ്റും ജീവിക്കാൻ യോഗ്യമായ ശരീരമാണ് ശരീരഭേദം ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായ ശരീരം ഭിന്ന ശരീരം സ്വീകരിക്കുന്നു ആര് ഞാൻ സ്വപ്നത്തിന് വേറെ ശരീരം സ്വീകരിച്ചിട്ട് തതുചിതാൻ ഭോഗാൻ ഭുഞ്ചാനേവ ആ ശരീരത്തിന് ഉചിതമായിരിക്കുന്ന ഭോഗങ്ങൾ സുഖാനുഭവങ്ങളെല്ലാം മുഞ്ചാനേവ അനുഭവിക്കുന്നവനായി തന്നെ ഇരുന്നിട്ട് ഇവിടെ സ്വപ്നത്തിൽ ഒരു ദേവശരീരമാണ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അവിടെ ഇരുന്ന അമ്പതൊക്കെ കുടിക്കും അവിടുത്തെ ഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്നവനായിരിക്കും എന്ന് പറയുന്നത് ഭോഗാൻ തതു ഉച്ചിതാൻ എന്ന് പറഞ്ഞാൽ ദിവ്യശരീരത്തിനുചിതമായ ഭോഗങ്ങളെ ഭുഞ്ചാനേവ അനുഭവിക്കുന്നവനായി തന്നെ ഭുജാന എന്ന് പറയുന്ന എന്തൊരുമാണ് ശാനച്ച് പ്രത്യേക ഏതാണ് സൂത്രം സഹുശാനച്ചോ പ്രഥമാസമാനോ അനുഭവിക്കുന്നവനായി ഇരുന്നിട്ട് പ്രതിബുദ്ധ സ്വപ്നത്തിലിരുന്നു കൊണ്ടുള്ള കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞു പ്രതിബുദ്ധ ഉണർന്നു എവിടെ ഉണർന്ന് നേരത്തെ വന്ന ആ ശബ്ദം സ്വപ്നാന്തം എന്ന് പറയുന്നതിന് സ്വപ്ന അവസാനം എന്ന് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അതിവിടെ ചേർക്കണം സ്വപ്നത്തിന്റെ അവസാനത്തിൽ പ്രതിബുദ്ധ എന്ന് ചേർക്കണം സ്വപ്നം കഴിഞ്ഞപ്പോ എന്നുള്ള അർത്ഥം കൊടുക്കണം സ്വപ്നാന്തത്തിന് സ്വപ്നം മദ്യമെന്നാണ് അവിടെ തന്നെ ചേർത്താവുന്നത് സ്വപ്ന മധ്യത്തിൽ സ്വപ്നത്തിൽ നിന്ന് പ്രതിബുദ്ധ ഉണർന്നു സ്വപ്നം കഴിഞ്ഞപ്പോൾ ഉണർന്നു മനുഷ്യശരീരം ആത്മാനം പശ്യൻ ആത്മാനം മനുഷ്യശരീരം പശ്യൻ അപ്പൊ എന്താണ് തന്നെ മനുഷ്യ ശരീരത്തോടുകൂടിയവനായിട്ടാണ് കാണുന്നത് മനുഷ്യർ മനുഷ്യരീരമാണ് സ്വപ്നത്തിലായിരുന്നു ദേവശരീരം അത് കണ്ടുകൊണ്ട് പശ്ചിമെന്ന് പറയുന്ന എന്തൊരു പോണം ശത്രു മനുഷ്യ ശരീരം കണ്ടുകൊണ്ട് സ്വപ്നത്തിൽ ദേവശരീരമായിരുന്നു ഉണർന്നപ്പോ മനുഷ്യ ശരീരമായി അപ്പൊ അവൻ നോക്കുമ്പോൾ നാനിപ്പ മനുഷ്യനാണ് ഇതുവരെ ദേവനായിരുന്നു കണ്ടിട്ട് അഹം ദേവോ നാഹം ദേവോ മനുഷ്യവേദി എപ്പോഴാവും പറയുന്നത് എന്താണ് നാഹം ദേവ ഞാൻ ദേവനല്ല പിന്നെയോ മനുഷ്യവോ ഞാനൊരു മനുഷ്യനാണ് ഇതൊരു പക്ഷേ ദേവനായിരുന്നിപ്പോ മനുഷ്യനാണ് ദേവശരീരെ ബാധ്യമാനെ അഭി ഇങ്ങനെ അറിയുമ്പോൾ ഞാൻ മനുഷ്യനാണെന്നറിയുമ്പോ സ്വപ്നത്തിലുണ്ടായിരുന്ന ദേവശരീരം ബാധിച്ചു പോയി അതില്ലാതായിരുന്നു ജാഗ്രത വരുമ്പോൾ ദേവശരീരമുള്ളാണ് വളച്ചു പോയതുകൊണ്ട് ഇല്ലാതായതുകൊണ്ട് അപ്പോ ഇത്രയും കൊണ്ട് പറഞ്ഞെന്താണ് സ്വപ്നത്തിലെ ശരീരം വേറെയാണ് ഉണർന്നപ്പോ ശരീരം വേറെയാണ് രണ്ടിടത്തും ഉണ്ടായിരുന്നെന്താണ് അഹം ഞാൻ ഞാൻ എന്നുള്ള ബോധം രണ്ടിടത്തും ബാധ്യമാന അഹമാസ്പദം അപാധ്യമാനം ശരീരാഭിന്നം പ്രതിബദ്ധ്യത എന്ത് മനസ്സിനോ അഹം എന്നുള്ള ഈ അനുഭവം ഞാൻ എന്നുള്ള അനുഭവം ആസ്പദമായി ആശ്രയമായി ബാധ്യമാനം ദേവശരീരം പോലെ ബാധിക്കാത്ത നശിച്ചു പോകാത്തതായ ശരീര അബാധ്യമാനം ശരീരാഭിന്നം അത് ശരീരത്തിൽ നിന്നും ഭിന്നവുമാണ് ഏത് അഹമാസ്പദം അഹമാസ്പദം ശരീരാഭിന്നം അഹമാസ്പദം അബാധ്യമാനം ശരീരാഭിന്നം ആയ ഒന്നിനെ അറിയുന്നു അറിയുന്നു ഒന്നുമ്പോ അവൻ എന്തൊക്കെ അറിയുന്നു ഒന്ന് ഈ രണ്ട് ശരീരങ്ങളിൽ നിന്നും ഭിന്നമാണ് ഞാൻ എന്തുകൊണ്ട് സ്വപ്നത്തിൽ ഈ ശരീരം ഞാനുണ്ടായിരുന്നു ജാഗ്രത്തിൽ സ്വപ്ന ശരീരമില്ല ഞാനുണ്ട് അപ്പൊ ഈ രണ്ട് ശരീരങ്ങളിൽ നിന്നും ഭിന്നമാണ് ഞാൻ പിന്നെ എന്താണ് എന്റെ പ്രത്യേകത ആ ഞാൻ ആസ്പദമാണ് ആത്മാവ് ആ ഞാൻ എന്നുള്ള അനുഭവത്തിന് എന്താണ് ബാധ മാറ്റമില്ലാതുകൊണ്ട് അതിൻ്റെ ആസ്പദമായിരിക്കുന്ന അതിൻ്റെ ആശ്രയമായിരിക്കുന്ന ബാധയില്ല എന്ന് അറിയുന്നു പ്രതിപത്യത അപ്പൊ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെയും ശരീരത്തിൽ നിന്ന് വേറെയാണ് ആത്മാവെന്നാണ് ഇവിടെ ആദ്യം വർത്തമാന ശരീരത്തിലെ ദൃഷ്ടാന്തത്തിലൂടെ ശരീരത്തിൽ നിന്ന് വേറെയാണ് ആത്മാവെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ദോഷമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ സ്വപ്നം നിഷ്ടം നാല് പട്ടര് സ്വപ്നത്തിലെ ശരീരം രണ്ടിടത്തും അഹംബോധമുണ്ട് അഹംബോധത്തിൻ്റെ ആശയമായി ഇന്ന് ആത്മാവ് ഒന്നുണ്ട് എന്ന് വീണ്ടും സമർത്ഥിക്കുക ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട് എന്നാൽ ഇതിനും ഒരു ദോഷം എന്താണ് ഒരാൾ വേണമെങ്കിൽ പറയാം സ്വപ്നം എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയാണ് സ്വപ്നത്തിന് ശരീരം ഉണ്ടായിരുന്നു ഞാൻ ദേവത്തിനായിരുന്നു പോയി ദേവസുഖങ്ങളൊക്കെ അനുഭവിച്ചെന്ന് പറയുന്ന എന്താണ് ഭ്രാന്തിയാണ് അപ്പൊ അങ്ങനെ ഒരു ഉണ്ടോ ഇല്ല അപ്പൊ അതിനെ എടുത്തുകൊണ്ട് ആ ശരീരം വേറെ ഈ ശരീരം വേറെ രണ്ടിൽ നിന്നും വേറെയാണ് അഹം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാണ് സ്വപ്നത്തിലായ ശരീരമേ ഭ്രാന്തിയാണ് അങ്ങനെയാണ് വേറെ ഉദാഹരണം പറയുന്നത് അടുത്ത് അപ്പവ്യാഘ്ര ശരീരഭേദി ആത്മാനം അഭിന്നം അനുഭവത്തി നഹങ്കാര ആലംബനം ദേഹം അവിടുന്നൊക്കെ പോയി പോയി പോയി യോഗത്തിലെ യോഗവ്യാക്രം എവിടെയുന്നു ഒരു യോഗിക്ക് വേണ്ടി വന്നാൽ എന്ത് ചെയ്യാം പുതിയോ കടുവയുടെയൊക്കെ ശരീരം സ്വീകരിക്കുക ഏത് ജീവൻ്റെ ശരീരം സ്വീകരിക്കാം ആ അങ്ങനെ ഒരു യോഗി എന്താണ് അങ്ങനെ ശരീരങ്ങളെ സ്വീകരിക്കുന്ന ഐശ്വര്യങ്ങളാണ് യോഗിയുടെ ഒരു വിഭവതിയാണ് വേറെ ചെറിയ രോഗം ആയിട്ടുണ്ടത് ർസ്വത യോഗിക്ക് ഹർസ്വമാകാം സ്ഥൂലത സ്ഥൂലമാകാം ഹിമാലയം പോലെ സ്ഥൂലമാകാം ബാല്യം സ്വയം ശിശുവിൻ്റെ അവസ്ഥയിലെത്താം യൗവനം വാർദ്ധകം വയസ്സാകാം യൗവനം ചെറുപ്പമാകാം നാനാലാതിസ്വരൂപം ച നാനാ ജാതിസ്വരവും നാനാ പ്രാണികളാകാം ഏത് പ്രാണികളോ അതുകൊണ്ട് വ്യാഘ്രമ നാനാ പ്രാണിസ്വരൂമാണ് നിങ്ങളുടെ പ്രസ്തകത്തിലൊന്നും ഇല്ലാതെ നോക്കി ബുദ്ധിമുട്ടില്ല അത് കാണാൻ വഴിയില്ല ചിലപ്പോ എന്റെ വൈകാര്യത്തിൽ കാണും തഥാസ്വരഭിഗന്ധത പാർത്ഥിവാംശം വിന ഭൂതൈ ചതുർഭൃദ്ദേഹധാരണം ഗന്ധതന്മാത്ര തത്വോത്വം സൗരഭ്യം യോഗിക്കും സുഗന്ധം ഉണ്ടാക്കാൻ പറ്റും പിന്നെ പാർത്ഥിവാംശം വിന ഭൂതൈ ചതുർഭ്യ നമുക്ക് എന്താണ് ദേഹത്തെ ധരിക്കു നോക്കി അഞ്ച് ഭൂതങ്ങളും വേണം യോഗിക്കാണെങ്കിലോ പാർത്ഥിവാംസം എന്നാൽ നാല് ഭൂതങ്ങൾ കൊണ്ട് ശരീരം ധാരണം ചെയ്യും ഈ നാല് ഭൂതങ്ങൾ കൊണ്ട് ശരീരം ധാരണം ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ ഗുരുത്വം ഉണ്ടാകത്തില്ല ജലത്തിൽ ഉണ്ട് എന്നാലും ഭൂമിയവേഴ്സി കുറവാണ് ആകാശത്തൂടെയൊക്കെ സഞ്ചരിക്കും പ്ലെയിൻ വേണ്ട ഗന്ധ തന്മാത്ര തത്പൂത്ത് കേവലം ഗന്ധ തന്മാത്രെ ആശ്രയിച്ചിട്ട് വേറെ ഒന്നിനെ ആശ്രയിക്കുക ഇതെല്ലാം ചെയ്യാൻ പറ്റും എല്ലാ ഭൂതങ്ങളെയൊന്നും യോഗിക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല പഞ്ചഭൂതങ്ങളുടെയും ആവശ്യം പല അത്ഭുതങ്ങളും കാണിക്കാം അപ്പോ യോഗയ്ക്ക് വേണ്ട എന്ത് ചെയ്യണം വ്യാഘ്ര ശരീരം കടുവയുടെ ശരീരം സ്വീകരിക്കുക സ്വീകരിച്ചാൽ ആ യോഗിയെ യോഗവ്യാഘരം നോക്കി ആ ഒരുപാട് സമയങ്ങളെക്കുറിച്ച് വിശ്വാസങ്ങളും ആകാശങ്ങളും പലതും ഇതെല്ലാം യോഗികൾക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം മനുഷ്യനാണ് ഞാനോടിയും പറഞ്ഞത് ആണ് യോഗവ്യാഖ്യം എന്ന് പറയുന്നത് അപ്പൊ പറയുന്നു എന്താണോ ലീലാദ്യർത്ഥം വ്യാഘ്രശീരം കൊടുത്ത എന്തിനാണ് വ്യാഘ്ര ശരീരം സ്വീകരിക്കുന്നത് പറയുന്നത് ലീലാദ്യർത്ഥം ലീലാദികൾക്ക് വേണ്ടി ലീല എന്ന് വെച്ചാൽ ഒരു തമാശ കുറച്ച് സമയം വ്യാഘ്രമായിരിക്കാം കുറച്ച് സമയം സിംഹമായിരിക്കും കുറച്ചു ആനയായിരിക്കാം അങ്ങനെയൊക്കെ വിചാരിക്കും ചിലടത്ത് പറയുന്ന അങ്ങനെയല്ല തന്റെ പ്രാരബ്ധങ്ങളെല്ലാം അനേക ശരീരങ്ങളും ഒരേ സമയം അനുഭവിച്ച് തീർത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശരീരം സ്വീകരിക്കുന്നു അപ്പോൾ ഒരു കുറേ ശരീരം സ്വീകരിച്ചിട്ടും ഇന്ന് അധികകാലം ജീവിച്ചിരിക്കണം പെട്ടെന്നെല്ലാ ശരീരങ്ങളും കൂടെ പ്രാരബ്ധോതുകൾല്ലാം അനുഭവിച്ച തീർത്ത് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു അതെ ആനയായിരുന്നു എങ്ങനെയായിരിക്കുന്നത് ഈ ദയാകാലം അധികം അത് നമ്മൾ സത്യദാന സ്വാമി വ്യാഖ്യാനിക്കുന്ന വേറെ അർത്ഥമാണ് നെഗറ്റീവായിട്ടാണ് യുദ്ധം അങ്ങനെ എഴുതിയിട്ടു കുശുമ്പുണ്ട് സ്വാമി ചട്ടമ്പിൻ സ്വാമിയെ കുറിച്ച് അങ്ങനെ എഴുതേണ്ടി വരുന്നില്ല ടുത്തഴിച്ച് എന്താണ് ഈശ്വരൻ സൃഷ്ടിച്ച സംഹാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലീല അങ്ങനെയാണ് വേറെ എഴുതി ും ഒരു ഗൗരവമായിട്ടെടുക്കുന്നു ജീവിതം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആനന്ദമാണ് ആനന്ദപൂർണ്ണമാണ് അപ്പൊ എല്ലാ പ്രവൃത്തികളും എന്താണ് കളിയാണ് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു ശിശുവിന്റെ നിഷ്കളങ്ക ഒരു ശിശുവിന്റെ നിഷ്കളങ്കതയും ആ ശിശുവിന്റെ സന്തോഷം കാപ്പ്യങ്ങളൊന്നുമില്ല ശിശുവിന്റെ നിഷ്കളങ്കതയെന്ന് വെച്ചാൽ അത് കളിക്കുന്നു ഇപ്പോൾ കളിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു ഞാനെന്ത് ചെയ്യുന്നു അപ്പൊ അതുപോലെ ആ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ഒരു നിഷ്കളങ്കമായ മനസ്സോടുകൂടി ചെയ്തുകൊണ്ട് ലീല സാധാരണ മനുഷ്യർക്ക് പോലെ ഒരാഗത്ത് വേഷങ്ങളോടുകൂടിയൊന്നും അല്ലെങ്കിൽ ചെയ്തു പറഞ്ഞു ുരു എഴുതിയതിന് തെറ്റായി ദുരുദ്ദേശത്തിലൊക്കെ വയ്ക്കാനൊക്കെ അധിക്ഷേപിക്കാൻ വേണ്ടി എഴുതി കടന്നു വയ്ക്കാൻ അതെന്താണ് പറയുന്നത് പോലെ ചില ചട്ടമിസ്വാമിയുടെ ഭക്തന്മാർ ഗുരുവിനെ ആക്ഷേപിച്ചെഴുതാൻ പലരും ഹമാസും ഇസ്രായേലിയും ചെയ്യുന്നതാണ് ഹമാസ് ഇസ്രായേലി നടത്തുന്നു ഇസ്രായേലുകൾ എന്ത് ചെയ്യുന്നു പലസ്തീൻ കരമാ ഇത് അതുപോലുള്ള ഒരു വിഷയമല്ല ഇത് വേറെ വിഷയം ഇതുവരെ ഇന്നത്തെ ആൾക്കാരാണ് പിന്നോടൊക്കെ അത് ശരിക്കും അങ്ങനെ ബ്രഹ്മവിദ്യാലയത്തിരുന്നു എന്നാണ് താങ്ങി താങ്ങി പറയും അമേരിക്കയിൽ പോയാൽ പോയി പറയും അവിടെ നായന്മാരുണ്ട് രണ്ട് ഞാൻ കേട്ടു നമുക്കൊരു സ്റ്റാൻഡ് വേണം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപോല പറയാൻ ഇവിടെ ഇരിക്കുന്ന ഗുരുധർമ്മ പ്രചരണോ അവിടെ അത് മാത്രമല്ല വേറെ പ്രചാരണമുണ്ട് അമേരിക്ക എല്ലാവരുണ്ട് മലയാള സഭയുണ്ട് ഒരാളെ മാത്രം കാണുന്നു പറയാൻ പറ്റില്ല ഇതിനകത്ത് വേറെ ആരും കേരളത്തിലാണ് ഒരു ജാതിന്റെ ഉള്ളൂ വേറെ എന്തൊക്കെ തവാശാണ് അതൊരു ലീലയാണ് അപ്പൊ ഇങ്ങനെ പറയും ഓക്കെ അങ്ങനെയൊക്കെ അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പിന്നെ ശാസ്ത്രത്തിൽ എന്തുകൊണ്ട് അത് ധരിക്കുന്നു ശാസ്ത്രത്തിൽ പറയുമ്പോൾ വിശ്വാസം ഒന്നുള്ള അതൊക്കെയാണ് അല്ല ശാസ്ത്ര പ്രമാണം ശാസ്ത്ര പറഞ്ഞാൽ അത് പ്രമാണം അപ്പോ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു യോഗിക്ക് അനേക ശരീരങ്ങൾ സ്വീകരിക്കാം വേഗ ശരീരം സ്വീകരിക്കാം അവിടെ എന്താണ് കാണുന്നത് ഒരു യോഗി പല ശരീരം സ്വീകരിക്കുന്നു ശരീരം നേരെയാണ് പക്ഷേ അഹം ഒന്നാണ് ഏക്കർ ശരീരത്തിലിരിക്കുന്നതും മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നതും ഈച്ചയുടെ ശരീരത്തിൽ ഇരിക്കുന്നിടത്തുമെല്ലാം എന്താണ് അഹം ഒന്ന് തന്നെ കാരണം ഒരാളാണ് തരണമായിട്ടിരിക്കുന്നത് അതിൻ്റെ ആസ്തദമായ ആത്മാവ് അനാശ്രയമായിരിക്കുന്ന ആത്മാവ് ഒന്നുള്ളത് യോഗശാസ്ത്ര പ്രമാണത്തിലൂടെ ആത്മാവിൻ്റെ ഏകത്വം എന്ന് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആത്മാവിൻ്റെ ആ ഏകത്വത്തെ സ്ഥാപിക്കുന്നതിന് പറയുന്ന എല്ലാ ഉദാഹരണങ്ങളിലും കുറേശ്ശെ ദോഷങ്ങളുണ്ട് നമ്മൾ ഈ ശരീരത്തെടുത്തു കഴിഞ്ഞാൽ അതൊരു ദോഷമുണ്ട് കാരണം അവിടെ ശരീരം നല്ല മാറുന്നത് ശരീരത്തിന് മാറ്റം വരികയാണ് സ്വപ്ന ശരീരം എടുത്ത് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാണ് ഭ്രാന്തി എന്തിനാണ് ജാഗ്രത ഭ്രാന്തി എടുക്കുന്നതിനാൽ അവിടെ ഒരു ശരീരമേ ഭ്രാന്തമാണ് ബാധിച്ചു പിന്നെ ആ ശരീരത്തിന് ഈ ശരീരത്തിന് ഒരു അഹം നിന്ന് കഴിയും അത് ശരിയാണ് പിന്നെ വേറെ ഉള്ള എന്താണ് ശാസ്ത്രപ്രമാണം അദ്വീതം എന്ന് പറയുന്ന തന്നെ സർവത്ര എന്താണോ ശാസ്ത്ര പ്രമാണത്തിലാണ് ഇരിക്കുന്നത് വേറെ ഒരു രീതിയിൽ തന്നെ സമർപ്പിക്കാൻ പറ്റുന്നു ഉപനിഷത്ത് ചെയ്ത് ഗമ്യം ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലൂടെ മാത്രമേ അദ്വൈതത്തെ സമർത്ഥിക്കാൻ പറ്റൂ പ്രമാണം അല്ല വേറെ വഴി പിന്നെ ഒരേ ഒരു വഴിയുള്ള എന്താണ് യുക്തി ശാസ്ത്രീയമായി സമർപ്പിക്കുമ്പോൾ അനുഭവം എന്ന് പറഞ്ഞാൽ വ്യക്തി ഇഷ്ടമായിപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റിട്ട് ഒരാളുടെ സമാധി അനുഭവം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ കാര്യമായി ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റും ചർച്ചയ്ക്കെന്ന് പറയുമ്പോൾ പൊതു മാനദണ്ഡം വരണം എല്ലാവരും അംഗീകരിക്കും തീരുമാനത്തിലെത്തണം അങ്ങനെയുള്ള ശാസ്ത്രവും ശാസ്ത്രത്തിൽ വരുന്ന യുക്തികളും മാത്രമേ സ്വീകരിക്കാം വ്യത്യനിഷ്ഠമായ അനുഭവങ്ങൾ എടുക്കാൻ പറ്റും ശാസ്ത്ര ചർച്ചയിൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ അനുഭവങ്ങൾ പറയാം ഗുരുവിന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ എന്ത് പറയാമോ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ പറയാമോ ശിഷ്യന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ഗുരുവായി അംഗീകരിക്കാത്തവർ സംസാരിക്കുമ്പോൾ എന്ത് അതുകൊണ്ട് എന്താണ് ദേഹത്തിൽ നിന്ന് വ്യതിരക്തമായൊരാത്മാവു കൊണ്ട് അറിയാം ഇനി അതിൻ്റെ ജിജ്ഞാസയുടെ ആവശ്യം ഇല്ല എന്നാണ് അമിത യോഗവ്യാഘ്ര ശരീരഭേദേവി യോഗി പല ശരീരങ്ങളുണ്ടെങ്കിലും ആത്മാനം അഭിന്നം അനുഭവതി ആത്മാവിനെ എല്ലാ ശരീരങ്ങളിലും അഭിന്നമായ വെച്ചാൽ ഒന്നായി അനുഭവിക്കുന്നു ഇതി അഹങ്കാരംബനം ദേഹത ഇതുവരെ പറഞ്ഞു വന്നുകൂടെ പ്രസംഗിക്കുന്നതുകൊണ്ട് എന്ന് പറയുന്നു ഈ അനുഭവത്തിന് ആശ്രമമായിരിക്കുന്ന ദേഹമല്ല ദേഹത്തിൽ നിന്ന് വേറിട്ടുള്ള ആത്മാവാണ് അതേവ എന്ന ഇന്ദ്രിയാണിയപ്പി അസ്യ ആലംബനം ഇനി പറയുന്ന അഹം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാകാം എന്നാണ് അഹമെന്നുള്ള അനുഭവത്തിന് ആശ്രയമായിട്ട് ഇന്ദ്രിയങ്ങൾ വരാം അങ്ങനെ ഒരു സംശയം വരാൻ കാരണം എന്താണ് ആൾക്കാർക്ക് പറയാനുള്ളത് അഹം അന്തഹ ഞാൻ അന്തനാണ് അന്തനാകുന്ന എന്താണ് അന്തനാകുന്ന എന്താണ് ശരി അന്തനാകുന്ന എന്താണ് ഇന്ദ്രിയമാണ് കണ്ണല്ലേ കാണാതെയാകുന്നു അഹം മൂക മൂകമാവുന്ന എന്താണ് വാഗിന്ദ്രിയം പ്രതീകമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ട് നീ ഞാനെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണോ എന്നൊരു സംശയപ്പെട്ട അതല്ല എന്ന് പറയുന്നു എന്നതും അതേവ അതുകൊണ്ട് തന്നെ ഇന്ദ്രിയാണി അപ്പി അസ്യാലംബന ഇന്ദ്രിയങ്ങളും അസ്യ അഹംബുദ്ധിയുടെ ആലംബന ആശ്രയമല്ല എന്നാണ് ഇനി അത് ഓരോന്നൊരന്നായിട്ട് പറയുന്നു ബുദ്ധിമന കർണയോരഹം കർത്തേരി കർത്തൃപ്രതിഭാന കർത്തൃ പ്രതിഭാന പ്രഖ്യാന ആലംബനത്വ അയോഗ എന്നാണ് അങ്ങനെ ആ അത് ശരി ഇന്ദ്രിയ ഏതർഷി സ്പൃശാമി ഇതി അഹം ആലംബന പ്രതിജ്ഞാന ഇന്ദ്രിയ അല്ല എന്ന് പറയുന്നതിനൊരു യുക്തി പറയണം അവിടെ പറയുന്നത് എന്താണ് യോഹം അദ്രാക്ഷ യോ അഹം ഞാൻ തന്നെ കണ്ട ഞാൻ അദ്രാക്ഷം അദ്രാക്ഷം എന്ന് പറയുന്നത് ഏതൊരു മോണം ദൃശ്യപ്രേക്ഷണ ലുങ്ങത്തോ ഷേമി ാക്ഷി വദ്രാഷ്ടം അഹംക്ഷം ഞാൻ കണ്ടു ഞാൻ കണ്ടു ഇതാകുന്നു യുദ്ധ യുദ്ധജ്ഞത്രിത സാവരല്ലാം തിരിച്ച് നിഷേധിക്കുമ്പോൾ രുദ്രാക്ഷ രുദ്രാക്ഷത്തി ഞാൻ കണ്ടതെന്ന് പറയും പിന്നെ എന്ത് പറയുന്നു യോഹ്രാക്ഷം സയേവ ഏദർഹി സ്പൃശാമി ഏദർഹി എന്ന് വെച്ചാൽ ഇതാനി ഇതാനി ഇപ്പോ കണ്ട ഞാൻ തന്നെ ഇപ്പോ സ്പർശിക്കുന്നു എന്ന് പറയും നമ്മൾ സാധനം പറയാറുണ്ടല്ലോ എന്തെല്ലാം ഞാൻ പുഷ്പത്തെ കണ്ട് ഇന്ന് ഞാൻ അവനെ സ്പർശിക്കുന്നു കണ്ട ഞാൻ തന്നെ സ്പർശിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെയാണ് കണ്ട ഞാൻ എന്ന് പറയുന്നത് കണ്ട കണ്ണ സ്പർശിക്കുന്ന തുക ഇന്ദ്രിയമാണ് കണ്ട ഞാൻ കണ്ട ചക്ഷുരിന്ദ്രിയ കണ്ട ഇന്ന് സ്പർശിക്കാൻ പറ്റും കാരണം രണ്ടിന്ദ്രിയങ്ങളും വേറെ വേറെ രക്ഷേന്ദ്രിയും പേരെയാണ് തുകേന്ദ്രിയം പേരെയാണ് അപ്പൊ കണ്ട കണ്ണിന് ഇന്ന് സ്പർശിക്കാൻ പറ്റിയില്ല അപ്പൊ കണ്ട ഞാൻ സ്പർശിക്കുന്നു എന്ന് പറയണമെങ്കിൽ കണ്ട ഞാൻ കണ്ണല്ല സ്പർശിക്കുന്ന ഞാനും തുകേന്ദ്രിയല്ല അപ്പൊ കണ്ണിൽ നിന്നും തുകേന്ദ്രിയത്തിൽ നിന്നും വേറിട്ടേറെ ഞാനുണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നത് കണ്ട ഞാൻ സ്പർശിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് കാരണം കാണുന്നത് കണ്ണാണ് സ്പർശിക്കുന്നത് ൊക്കാണ് സ്വകീന്ദ്രിയമാണ് കണ്ട ഞാൻ സ്പർശിച്ചു എന്ന് പറയണമെങ്കിൽ കണ്ണിൽ നിന്നും സ്വകീന്ദ്രിയത്തിൽ നിന്നും വേറിട്ടൊരു ഞാൻ വേണം ആ ഞാനിന്റെ ആശ്രയമാണ് ആത്മാവ് അപ്പൊ ഇന്ദ്രിയങ്ങളല്ല പിന്നെ ഇത് എന്താണ് ഇത് രണ്ട് കരണങ്ങളാണ് ആത്മാവിന്റെ ഉപകരണമാണ് ഏത് കണ്ണം പൊക്കും അതൊരിക്കലും ആത്മാവ് അത് സമർത്ഥിക്കുന്നു അതാണ് പറയുന്നത് ഇന്ദ്രിയ ഭേദേവി ഈ രണ്ടിന്ദ്രിയങ്ങളും ഭിന്നങ്ങളാണ് ഏത് ചഷീന്ദ്രിയവും ഇന്ദ്രിയവും യോഹമദ്രാക്ഷം കണ്ട ഞാൻ തന്നെ സ യഹ സഹ അന്വേഷിക്കുന്നു ഏതൊരു നാണോ കണ്ട അവൻ തന്നെ ഏതർഹി ഏവ അവൻ തന്നെ ഏതർഹി ഇപ്പോൾ സ്പൃശാമി ഇപ്പോൾ സ്പർശിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഇനി കർത്തൃ പ്രതിഭാസ പ്രഖ്യാന ആലംബന അയോഗ ഞാന് അവിടെ എത്തിയ അതിന്റെതാണ് ആ ശരി ഇത് അക്ഷരം വളരെ ചെറുത് കണ്ണ് സുലപ്പായി പോകും യോഹ മന്ത്രാക്ഷസായവയറി സ്പൃശാമി അഹമാലംബന സി പ്രത്യപിജ്ഞാന ഇങ്ങനെ ആശ്രയത്തെ പ്രതിപിജ്ഞാന കഴിഞ്ഞ സംഭവം നമുക്ക് അതിന്റെ പ്രതിപിജ്ഞയുണ്ട് അവൻ തന്നെയാണ് യോ ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് യോ അഹം സഹ ഇതാണ് പ്രത്യജ്ഞ ആ കണ്ട ഞാൻ തന്നെ സ്പർശിക്കുന്നു എന്നുള്ള ഈ സ്മൃതിയാണ് പ്രത്യജ്ഞരാമർശം കണ്ട ഞാൻ തന്നെ സ്പർശിക്കുന്നു എന്നുള്ള അനുഭവം ഇതാണ് പ്രത്യജ്ഞ അങ്ങനെ ഒരു പ്രതിജ്ഞ ഉള്ള കൊണ്ട് കണ്ടത് ചക്ഷേന്ദ്രിയവും സ്പർശിക്കുന്ന രണ്ടിൽ നിന്നും വേറിട്ടാണ് അഹം അതിന്റെ ആശ്രയം ആത്മാവ് വേറെയാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ അല്ല അഹം എന്നുള്ള അനുഭവത്തിന്റെ ആശ്രയം അങ്ങനെ പറഞ്ഞത് പൂർവത്തോട് അന്വേഷിക്കണം അഹം ആലംബന സ്യ പ്രത്യപിജ്ഞാനാത് എന്ന ഇന്ദ്രിയാണി അഭി അസ്യ അങ്ങനെ അന്വയിച്ച് മനസ്സിലാകും അങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ട് പ്രത്യാനാ ഇന്ദ്രിയങ്ങളല്ല അഹം എന്ന് പറയുന്ന അനുഭവത്തിന്റെ ആലംബനം വിഷേപ്യൂ അസ വിവേക സ്തവീയാനേവ സ്തവീയ സ്ഥൂല ശബ്ദത്ത് എന്ന് ഈ എസ് എൻ പഠ്യം വരുമ്പോഴാണ് സ്ഥബീയാനെന്ന് പറയുന്നത് വളരെ സ്ഥൂലമാണെന്ന് വിഷേപ്യതു അസ്യവിവേകം വിഷയങ്ങളിൽ നിന്നുള്ള അഹമന്റെ ഭേദം വിവേകം എന്ന് വെച്ച ഭേദം വളരെ സ്ഥൂലമാണ് ദേശവിഷയമാണ് ഇതിൽ നിന്നുള്ള അഹം എന്നുള്ള എൻ്റെ ഈ അനുഭവത്തിൻ്റെ ഭേദം വളരെ വ്യക്തമാണ് ഞാൻ മേസിയാവും ഞാൻ പുസ്തകമാവും അപ്പം വിഷയങ്ങളിൽ നിന്നും അഹം എന്നുള്ള ഇതിൻ്റെ ആ ഭേദം വളരെ വ്യക്തമാണെന്ന് വെച്ചാൽ എന്താണ് വിഷയങ്ങൾ ഒരിക്കലും അഹമാകത്തില്ല വിഷയങ്ങൾ ഒരിക്കലും ആത്മാവ് അകത്തില്ല വിഷയങ്ങളിൽ നിന്നുള്ള അപ്പൊ ശരീരത്തിൽ നിന്ന് വേറെയാണ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് വേറെയാണോ വിഷയങ്ങളിൽ നിന്ന് വേറെയാണ് അവിടെ വിഷയഭ്യ വിവേക അസ്യെന്ന് പറഞ്ഞാൽ അഹം ആലംബനസ് അഹം ആലംബന സവേക സ്ഥവീയാൻ സ്ഥൂലമാണ് ഇനി പറയുന്നത് ശരീരം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെല്ലാം ഇനി വരുന്ന എന്താണ് ബുദ്ധിയും മനസ്സും ബുദ്ധിമന കർണയോഹോ അഹങ്കർത്തേരി കർത്തൃപ്രതിഭാസ പ്രഖ്യാന ആലംബനത്വയോഗ ഭാവനീകാരന് ഓരോ പ്രയോഗങ്ങളാണ് വേറെ ഒരിടത്തും എഴുത്ത് കാണാൻ പറ്റും ബുദ്ധി മനസ്സ് മനസ്സോസ് കർണയോഹോ കർണയോഹോ ബുദ്ധിമനസോഹോ ബുദ്ധിയും മനസ്സോ എന്ന് പറയുന്നത് എന്താണ് കർണങ്ങളാണ് ഇന്ദ്രിയങ്ങളെ പോലെ ഉപകരണങ്ങളാണ് അതൊരിക്കലും ആത്മാവാകത്തില്ല ഞാനാകത്തില്ല കാരണം ബുദ്ധിയും മനസ്സ് എന്റെ ഉപ എന്റെ ഉപകരണമാണ് അതെങ്ങനെ ഞാനാകാം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ പുസ്തകം ഇതെങ്ങനെ ഞാനാകും അപ്പോ കരണങ്ങൾക്കൊരിക്കലും ഞാനാകാൻ എൻ്റെ കർണങ്ങൾക്ക് ഞാനാകാൻ പറ്റത്തില്ല ബുദ്ധിയും മനസ്സുമല്ല ഞാൻ അതുകൊണ്ട് തന്നെ എന്താണ് അതൊന്നും ആത്മാവല്ല അത് ബുദ്ധിയും മനസ്സും ആത്മാവല്ല എന്തുകൊണ്ടത് കരണങ്ങൾ ആയതുകൊണ്ടാണെന്ന് കാണിക്കാൻ വേണ്ടി ആണ് അവിടെ കരണയോഹോ എന്ന് പറയുന്നത് ബുദ്ധിയും മനസ്സും കർണങ്ങളാണെന്ന് ഹേതുവാണ് ഹേതു ഗർഭവിശേഷമോ എന്ന് പറയും വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നത് ഹേതുമായിരുന്നു ബുദ്ധിമനസ് രണ്ടും ആത്മാവല്ല എന്തുകൊണ്ട് അത് കർണമായത് എല്ലാവരുടെ ആത്മാവിൽ അതാണ് ബുദ്ധിമനസ് ഉച്ചക്കർണയോഹവും അതിനൊരിക്കലും എന്താണ് കർണമായതുകൊണ്ട് തന്നെ അഹം കർത്ത എന്ന് ബുദ്ധിക്കും മനസ്സിനും പറയാൻ പറ്റില്ല ഇപ്പൊ ബുദ്ധി നമ്മളെന്താ പറയുന്നു ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ എന്താണ് അഹം ബുദ്ധിയ നിശ്ചനവും ഞാൻ ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ അഹം മനസ്സാ സന്ദേഹം ഞാൻ മനസ്സുകൊണ്ട് സന്ദേഹിക്കുന്നു എന്നാണ് അപ്പൊ അവിടേക്ക് എന്താണ് ബുദ്ധിയും മനസ്സും ഒക്കെ എൻ്റെ എന്തായി കരണമായി നിശ്ചയിക്കുന്നതിന് കർണമായി ബുദ്ധി സംശയിക്കുന്നതിന് കാരണമായി മനസ്സ് ഇതൊരിക്കലും ഞാനാകില്ല അതുകൊണ്ട് എന്നെ ഇത് രണ്ടു ആത്മാവല്ല അതാണ് ബുദ്ധി മനസ്സോ മനസ്സോഹോ കർണയോഹോ കരണങ്ങളായിരിക്കുന്ന ബുദ്ധി മനസ്സിനും അഹം കർത്ത ഞാൻ അത് കർണത്തിന് കർത്താവാകാൻ പറ്റത്തില്ല രാമ ബാണേന രാവണം ഹന്തി രാമൻ ബാണം കൊണ്ട് രാവണനെ കൊല്ലത് രാമൻ കർത്താവാണ് ബാണം കർണമാണ് കർണത്തിനൊരിക്കലും കർത്താവാകാൻ കഴിയത്തില്ല അതിനോട് പറയുന്നു കർണങ്ങൾക്ക് കർത്തൃപ്രതിഭാസ പ്രഖ്യാന ആലംബനത്വ അയോഗ കർത്തൃപ്രതിഭാസം പ്രതിഭാസം എന്ന് വെച്ചാൽ അനുഭവം കർത്തൃപ്രതിഭാസ പ്രഖ്യാനം എന്ന് വെച്ചാൽ ശബ്ദപ്രയോഗം പ്രഖ്യാനം എന്ന് വെച്ചാൽ ശബ്ദപ്രയോഗം ഇപ്പൊ കർത്തൃ പ്രതിഭാസ പ്രഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവാണെന്നുള്ള കർത്താവാണെന്നുള്ള കർത്താവാണെന്നുള്ള അനുഭവത്തെ കർത്താവാണെന്നുള്ള അനുഭവത്തിൻ്റെ ശബ്ദപ്രയോഗം അതിനാശ്രയമാകത്തില്ല കർത്താവാണെന്നുള്ള അനുഭവത്തിൻ്റെ ശബ്ദപ്രയോഗത്തിന് ആശ്രയമാകത്തില്ല ആര് കർണങ്ങൾ അങ്ങനെ കർത്തൃപ്രതിഭാസ പ്രഖ്യാനം കർത്താവാണെന്നുള്ള അനുഭവത്തിൻ്റെ ശബ്ദപ്രയോഗം അതിൻ്റെ ആലംബനം എന്ന് വെച്ചാൽ അതിൻ്റെ ആശ്രയം ആശ്രയത്വം ബുദ്ധിമനസ്സിൽ അയോഗിക്കും ബുദ്ധിമനസ്സുകൾക്ക് ആശ്രയത്വം അയോഗം ബുദ്ധിമനസ്സുകളിൽ ആലംബനത്വം വരക്കും കർത്താവാണെന്നുള്ള പ്രതീതിയുടെ ശബ്ദപ്രയോഗത്തിന്റെ ആശ്രയത്വം എവിടെ വരത്തില്ല ബുദ്ധിയിലും മനസ്സിലും മനസ്സില്ലെന്ന് ബുദ്ധിയും മനസ്സിനെയും കർത്താവാണെന്ന് അറിഞ്ഞ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു ബുദ്ധിയും മനസ്സിനെയും കർത്താവാണ് അഹംകർത്താവ് എന്നിങ്ങനെ അറിഞ്ഞിട്ട് ബുദ്ധിയും മനസ്സിനെയും അങ്ങനെ കർത്താവാണെന്ന് പറയാൻ പറ്റത്തില്ല അറിയാനും പറയാനും പറ്റത്തില്ല എന്ന് ചോദിക്കും അപ്പൊ അവിടെ പറയുന്നത് അഹം അഹ് അതാണ് ബുദ്ധിമനിച്ച കർണയോഹോ ബുദ്ധിയും മനസ്സോന്നിന് കർണത്തിന് അഹം കർത്തേരി അഹം കർത്താവ് എന്നുള്ള കർത്തൃപ്രതിഭാസ പ്രഖ്യാന ആലംബനത്വ യോഗം ബുദ്ധിയും മനസ്സിനെയും എന്താണ് കർത്താവാണെന്ന് പറയാൻ അറിഞ്ഞു പറയാൻ കഴിയിട്ടില്ല അതിന് കരണമെന്നറിഞ്ഞാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ മനസ്സുകൊണ്ട് സംശയിക്കുന്നു ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്നു എന്ന് പറയുന്നു മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ടെന്നുള്ളത് കരണമാണ് കർത്താവ് അല്ല അതുകൊണ്ട് ബുദ്ധിയും മനസ്സൊന്നും ആത്മാവാകത്ത അത് ആത്മാവിൻ്റെ കരണങ്ങളെ ആകത്ത ഇനി അവരെ വ്യക്തമായി പറയാം